ോ ഭഗവേ വാസുദേ അത സപ്തശോധ്യയാ പതിനേഴാമത്തെ അർജുന ഉവാചേ ശാസ്ത്രവിധിമുൽസൃജ്യജന് ശ്രദ്ധയാവിതാ ുക്കൃഷ സഹോരമാനുവാച ത്രിവി ശ്രദ്ധാ തേനം സാ സ്വഭാവ राजसी चैवा तामसी സത്രികീ രാജസീവ താമസീ ചേതി താ ശൃോ സുവാദ്ധവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോ എദ്ധ സജന്വികേവാൻ യാസി രാജസ പ്രേതാഭൂതഗണ യജന്മസന അശാസ്ത്രവിഹിതം ഘോരം യേതോജന ധംബാഹാര സംയുക്ത കമരാഗലാവിത കർഷയന്തശരീരസ്തം ബോധഗ്രാമമജേതസ താൻ വിദയാസുരനിശ്ചയാൻ ആഹാരസ്വി ത്രിവിദോഭവതി പ്രി യാ വേദമൃ ആയുസത്വലാരോഗ്യ സുഖപ്രീതി വിവർ രസയാഗ്ധാസ്തിരാഹൃ ആഹാരാ സാതികട്ടംവണത്തുഷീഷവിദാഹി ആഹാര രാജസശ്രേഷ്ട ദുഃഖശോകാമയ गदरसं ഗദരസം പൂരിപ്പര്യൂഷം ചത് ഉഷ്ടവിചാമേധ്യം ഭോജനം താമസ പ്രിയം അഫലാകക്ഷിതീയജ്ഞോ വിധി ദൃഷ്ടോയേതി മന സമാ സ സിഗന്ധം ദമ്പർത്തമവി ചൈവത് രതശ്രേഷ്ടം വിരാജസം വിധിഹീനമസൃഷ്ടന്ത്രഹീനമിരഹതംയജം താമസം പരിചക്ഷേ देवद्धि ജഗുരു പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹംസാച്ചീരം തപ ഉച്ച അനുദ്ഗകരം വാക്കിതം ചത് चैवा उच्यते ധ്യയാവ്യസനം ചൈവയം തപ ഉച്യ മനഃ പ്രസമ്യത്തൗനമാത്മവിനിഗ്രഹ तपो मानसमुच्यते परयो ശ്രദ്ധയാ പരയോ തവത്ത അഫലാകാക്ഷിവിയുക് സാസ്കം പരിചക്ഷേ സത്കാരമാനപൂജോദംബേന ജൈവയത് കിയത്തെ തതിഹ പ്രോക്തജസമ്രുവ മൂടഗ്രാഹേത്മനോ യത് പീഡയാ കിയത്തെ തവാ പരസാധനം വാമസ മുദാഹ ാതവ്യതിയദാനുപകാരിണേ ദേ കാത്മൃതം യുപകാരാമുദ്ദ്യ പുന ീയേ ചരിക്ലിഷ്ടം തദ്ദാന രാജസംസ്മൃത അദ്ദേശകളേ दियदे। അത്രേയശ്ചീയത അസത്കൃതമവസുദാഹൃതം ഓ തത്സദി ഓ തത്സരിശോ ബ്രഹ്മണസ്ത്രിവിധസ്മൃത ബ്രാഹ്മണസ്തേ യാശ വിഹിതാ തസ്മാലോദൃ യജ്ഞാന പ്രവർത്തേവിദോ സതം ബ്രഹ്മവാദി അനവിസന്ധം യതമ്രിയാക്ഷി സദ്ഭാവേ സാധുഭാവേ സതിേതൽ പ്രയുജ്യത്തെ പ്രശസ്ത കമ്മണി ദയുജ്യത്തെ യേ തപസിദ േവാദീയേ അസ്രദയാഹുതം ദതം ചസരിച്ചേ പാർ നജത് പ്രേയോ ഇഹ ഓ തസ്സിതി ഭഗവത്ഗീതു ഉപനിഷസോ ബ്രഹ്മവിദ്യയാസ്ത്രീ ശ്രീകൃഷ്ണാർജുന സംവാദാത്രയവിഭാഗയോദ്യോഗോ നമ സപ്തശോധ്യയാ പതിനേഴാമത്തെ അധ്യായത്തിൽ ഉപസമരിപ്പിച്ചു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന സംസ്കാരങ്ങളാണ് അവനെ ദൈവീകമാക്കുന്നതും ആസുരികമാക്കുന്നതും എത്ര കണ്ട് നമ്മളിൽ ആസുരീകത വരുന്നു ഈ ആസുരീകത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മളെ കൂടുതൽ ശരീരത്തോടും ലോകത്തോടും അടുപ്പിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ഈ ശരീരം കാല അപ്പൊ ഇത് ക്രമേണ ക്രമേണ ക്രമേണ മണ്ണിലേക്ക് പോകുന്നതാണ് എന്നാൽ നമ്മുടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംസ്കാരം കാലത്തിന് അതീതമാണ് കാലത്തിന് വിധേയമായ ശരീരം കാലത്ത് അതീതമായ സംസ്കാരം ഒന്ന് വിധേയം വിധേയം മീൻസ് ദറ്റ് ഈസ് ബൗണ്ട് വിത്തിൻ ദി ഒന്ന് ബിയോണ്ട് ദി ടൈം അപ്പൊ കാലാതീതവും കാലത്തിന് വിധേയവും ഇറ്റ്സ് എന്താണ് വിധേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്നത് വിതിൻ ടൈം എന്നുള്ളത് അപ്പൊ കാലത്തിന് വിധേയമായ ശരീരത്തിൽ കാലാതീതമായ മനസ്സ് സംസ്കാരം ഒട്ടിപ്പിടിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കും നമ്മളെ തളർത്തിക്കളയും അപ്പോ ദൈവീക സമ്പത്ത് കൊണ്ടെന്താ അർത്ഥമാക്കണം കഴിഞ്ഞാൽ ദൈവീക സമ്പത്ത് വളരും തോറും ശരീരത്തിന്റെ തലത്തിൽ നിന്നും മനസ്സിനെ നമുക്ക് വേർപ്പെടുത്തിക്കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ വേർപ്പെടുന്തോറും ശരീരത്തിന്റെയോ ശരീരവുമായി ബന്ധപ്പെട്ടവരുടെയൊന്നും പ്രശ്നം നമ്മളെ ബാധിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങളൊരു തോണിയിൽ യാത്ര ചെയ്യുമ്പോ ആ തോണിക്കുണ്ടാകുന്ന എല്ലാ ചലനങ്ങളും തോണിയിൽ ഇരിക്കുന്ന ആളെയും ബാധിക്കും തോണിയിൽ ഇരിക്കുന്ന ആളെയും ബാധിക്കും എന്നാൽ നിങ്ങൾ കരയിലേക്ക് കയറിയിരുന്നാലോ കരയിലേക്ക് കയറി നിന്നാൽ തോണി ചലിച്ചാലും നമ്മൾക്ക് ചലണമില്ല ഉണ്ടോ നിങ്ങൾ തോണിയിൽ യാത്ര ചെയ്തിട്ട് കരയിലേക്ക് കയറി നിൽക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ആടണോ ഇത്രയും നേരം തോണിയിലിരുന്ന് കുരുങ്ങി കുരുങ്ങി കുരുങ്ങി കുരുങ്ങി ഈ ഷിപ്പിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ പ്രശ്നം കണ്ടിന്യൂസ്ലി രണ്ടു മൂന്ന് ഷിപ്പിൽ യാത്ര ഇതിങ്ങനെ ആടി ആടി ആടി ആടി എവിടെ കിടന്നാലും അവർക്ക് തോന്നും അത്രേ മിത ട്രെയിനിലും ഉണ്ടാവും അല്ലേ ചിലർക്ക് പണ്ടൊരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ബാങ്ക് ജോലി മടുത്തുപോയി എന്നും ഈ കൗണ്ടറിൽ ഇരുന്ന ആളുകൾ ചെക്ക് ചെക്ക് ചെക്ക് ചെക്ക് ചെക്ക് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മതി ഇദ്ദേഹം വിചാരിച്ചു ഹരിദ്വാറിലൊന്ന് പോയിട്ട് രണ്ടു ദിവസം അവിടെ പോയി സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ഇങ്ങനെ ട്രെയിനിൽ കയറി നാട്ടിൽ നിന്ന് രാത്രി കടന്നുറങ്ങുമ്പം ചെക്ക് ചെക്ക് ചെക്ക് ചെക്ക് അദ്ദേഹത്തിന് അപ്പോഴും തോന്നുന്നത് ആരോ കൗണ്ടറിൽ വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച് ചങ്ങല വലിച്ചു ഇദ്ദേഹം ഭ്രാന്ത് കയറിയിട്ടേ ചിലർക്ക് അങ്ങനെയാണല്ലോ ഭ്രാന്ത് കയറിയാൽ പിന്നെ എന്താ ചെയ്യണമറിയില്ല ഹീറ്റ് ചെയ്യാറ് വന്നു എന്ത് ചെയ്തു എന്തിനാ ഇങ്ങനെ കുഴപ്പമുണ്ടായി ഒന്ന് കൊടുത്തു രാത്രിയും ഉപദ്രവിക്കേ നിങ്ങൾ എത്ര നേരം നിങ്ങൾ ചെക്ക് എന്ന് പറയും അതും എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ചെക്ക് ചെക്ക് എന്ന് പറയും അപ്പോ നമ്മളൊരു സംസ്കാരം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെ ചെന്നാലും അതേ സംസ്കാരം തന്നെ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോ ഒത്തിരി ചൊറിച്ചിലുണ്ടായിരുന്നുവെങ്കിൽ കുരുക്ഷേത്രയിൽ വരുമ്പോഴും ആ ചൊറിച്ചിൽ നിങ്ങളുടെ കൂടെ വരും അതെന്തുകൊണ്ട് കാരണം അവിടുന്ന് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് മാറ്റാൻ പറ്റുമോ ക്രീമൊക്കെ തെച്ചാ കുഴപ്പമില്ല ഇതുപോലെ നാം വെച്ചിരിക്കുന്ന സംസ്കാരങ്ങളെല്ലാം ഇറ്റ് വിൽ ഫോളോ അപ്പൊ ദൈവീകമായ സമ്പത്ത് ഉണ്ടാക്കും തോറും എന്താ ഗുണമുള്ളത് ചിലര് ചോദിക്കാറുണ്ട് ഞാനെന്തിന് നന്നാവണമെന്ന് അതിനെ ദേഷ്യപ്പെട്ടാ ചോദിക്കും നിങ്ങളൊക്കെ നന്നായ ഞാനെന്തിനാ നന്നാവണം നിങ്ങൾ നന്നായാൽ നിങ്ങൾക്കും ഗുണമുണ്ട് ദ മോർ യു ബിക്കം ഗുഡ് ദ മോർ യു വിൽ ഡിറ്റാച്ച് ഫ്രം ദി ബോഡി അതല്ലേ വേണ്ടത് ഭഗവാൻ ദൈവീക സമ്പത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പതിനേഴാം അധ്യായത്തിലേക്ക് വരുമ്പോ ഭഗവാൻ പറയും ഈ ദൈവീക സമ്പത്ത് വികസിക്കണമെങ്കിൽ അതിനുണ്ടല്ലോ ഈ സാത്വികമായ ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കണം ഇപ്പൊ ഭക്ഷണത്തിന് നമ്മുടെ ദൈവിക സമ്പത്ത് വളർത്താൻ പറ്റും അപ്പൊ ഭഗവാൻ മൂന്ന് തരം ആഹാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ ഒന്ന് സാത്വികം രാജസികം താമസികം ഏതൊക്കെയാണ് സാത്വിക ഫുഡ് ഇഡ്ലി സാമ്പാറ് ഉം ഭഗവാൻ പറയുന്നു മൂന്ന് തരം ആഹാരങ്ങളെക്കുറിച്ച് പതിനേഴാം അധ്യയത്തിൽ വരുന്നുണ്ട് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഭഗവാൻ പറയുന്നു ഏതാണ്ട് ശ്ലോകം എന്നറിയോ എട്ട് ഏഴ് എട്ട് ഒൻപത് പത്ത് ആഹാരസ്വര ത്രിവിധോതി പ്രിയ യജ്ഞസ്തപസ്തദാദാനം േതമിമം ശൃണു ആഹാരസ്തു അപ്പിവിധോഭവതി ആഹാരത്തിലും മൂന്നെണ്ണമുണ്ട് ഏതൊക്കെയാണ് ആയുസ ആയുസത്വലാരോഗ്യ സുഖപ്രീതി വിവർധന രസനിഗ്ധാസ്ഹൃ ഹാരത്ിയാ ംവണത്യുഷ തീഷ്ണരോക്ഷവിദാഹി ആഹാരാജസേ ദുഃഖശോകാമയ പ്രദയാമം കദരസം ര്യൂഷിതം ചെയ്യത് ഉച്ഛമിചാമേധ്യം ഭോജനം താമസപ്രിയം ഇങ്ങനെ മൂന്ന് തരം ആഹാരങ്ങൾ ആയു സത്വ ബല ആരോഗ്യ സുഖപ്രീതി വിവർത്തന ഇതൊക്കെ തരുന്ന ആഹാരം അതിനെയാണ് ഗ്രസ്യ രസ്യം എന്ന് പറഞ്ഞാൽ രസം വിട്ടുപോവാത്തത് സ്നിഗ്ധ സ്നിഗ്ധെന്നു പറഞ്ഞാൽ എണ്ണമയത്തോ ഉള്ളത് എണ്ണമയം എന്ന് പറഞ്ഞാൽ ഒഴിക്കുന്ന എണ്ണയല്ല ചില വെജിറ്റബിളൊക്കെ ഫ്രഷ് ആണെങ്കിൽ അതിലിത്തിരി എണ്ണമയം ഉണ്ടാവും അതുപോലെ സ്ഥിരാ കേടുവരാത്തത് ഹൃദ്യ കാണുമ്പോ തന്നെ ഒരു പ്രിയം തോന്നുന്നത് ആഹാര സാത്വിക പ്രിയ അങ്ങനെയുള്ള ആഹാരങ്ങളാണ് സാധ്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ആരോഗ്യത്തിന് ഉപകരിക്കുന്ന ഭക്ഷണം ഈ ആഹാരത്തിൽ സാത്വികം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ോ ടേസ്റ്റ് നോക്കിട്ട് കഴിക്കുന്ന കാലാണ് എല്ലാവരും ടേസ്റ്റിനാണ് പ്രാധാന്യം ഉള്ളത് ഈ മസാല കിസാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നപ്പോ നമ്മൾ വെച്ചിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അത് അതുകൊണ്ടാണ് ജങ്ക് ഫുഡിനൊക്കെ എത്ര താല്പര്യം പക്ഷേ ഭഗവാൻ പറയുന്നു നമ്മൾ ആഹാരാദികൾ കഴിക്കുമ്പോ അത് നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം സഹായകമാണ് നാം കഴിക്കുന്ന ഭക്ഷണം അത് ശരീരത്തിൽ ദഹിച്ച് ത്തിന്റെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ചിട്ടാണ് ആരോഗ്യമുള്ള ചിന്തകളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ശരീരം ആരോഗ്യകരമായിരുന്നാൽ ചിന്തകളും ആരോഗ്യം നാം കഴിക്കുന്ന ആഹാരത്തിന് മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവ് ധാരാളമാണ് കൂടുതൽ നമ്മൾ ഈ മസാല കിസാലയൊക്കെ കഴിക്കുമ്പോഴല്ലോ നാവിന് കൂടുതൽ ടേസ്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോ ഈ മനസ്സും ശരീരവും തമ്മിലുള്ള ഒട്ടലും കൂടിക്കൂടി വരും അതുകൊണ്ടാണ് ഭഗവാൻ രാജസഭ ഭക്ഷണം ഒഴിവാക്കണമെന്ന് പറയുന്നത് പ്രാധാന്യം നമ്മളെ ടേസ്റ്റിന് കൊടുക്കുമ്പോ മൈൻഡ് വിൽ അറ്റാച്ച് ടു ദി ബോഡി നമ്മൾ കൂടുതൽ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോ മനസ്സിന്റെ ശരീരത്തോട് യാതൊരു അറ്റാച്ച്മെന്റ് കൂടുതലുണ്ടാവില്ല ഉദാഹരണത്തിന് നിക്ക് കഷായം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതും എങ്ങനെയുള്ള കഷായം എന്നറിയോ ദശമൂല കടുത്തറയ കഷായം ശിവൻ കാളകൂട വിഷം കഴിച്ചതുപോലെ വേണ്ടിവരും ഒരാള് കഴുത്തും ഒരാള് മൂക്കൊക്കെ പിടിക്കണം കാരണം നാവിനൊട്ടും അത് രസം തോന്നി അതെങ്ങനെ നിങ്ങൾ കഴിക്കാണ്ടിരിക്കുവോ നിങ്ങള് നിങ്ങൾക്കത് കഴിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ കഴിക്കാതിരിക്കുവോ ഏ എങ്ങനെ കഴിക്കുവോ നിങ്ങള് ണത് കുടുക്കിയല്ല ചെയ്യ അത് കാരണം അത് എവിടെങ്കിലും തൊട്ടുപോയാൽ അതിന്റെ രുചിയെങ്ങാനും നാവിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ദിവസം പോയി എന്നാണ് നോക്കൂ നിങ്ങൾ അതെന്തുകൊണ്ടാണത് നമ്മുടെ നാവിനാ രുചി ഇഷ്ടപ്പെടത്തില്ല അപ്പൊ ശരീരവുമായിട്ടുള്ള മനസ്സിന്റെ അടുപ്പം കൂടുന്തോറും നാവിന് കൂടുതൽ കൂടുതൽ രുചി വേണ്ടി വരും ഇന്ന് ലോകത്തിൽ കൂടുതൽ രുചിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കാൻ കാരണം ആളുകൾക്ക് അത്രയും ഫിസിക്കൽ അറ്റാച്ച്മെന്റ് കൂടിക്കൂടിവരാണ് പണ്ടുള്ളവർക്ക് അത്ര അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ നാവിന്റെ രുചിക്ക് അത്ര പ്രാധാന്യം കൊടുക്കും പണ്ടുള്ളവരുടെ ജീവിതം എടുത്ത് നോക്കും നിങ്ങൾ രാവിലെ കഞ്ഞിയും ഒരു നെയ്യും കഴിച്ചാൽ അവരുടെ കാര്യം കഴിഞ്ഞു അല്ലേ ഇന്നിപ്പോ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെന്താ കഞ്ഞികളാണോ എന്ന് ചോദിക്കും പനി വന്നാൽ കഴിക്കുന്നൊരു മരുന്ന് പോലെയാണിപ്പോ കഞ്ഞി നെളപ്പഴത്തെ തലമുറയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല കുട്ടികൾക്ക് കഞ്ഞിന്നൊക്കെ പറയുന്നത് വലിയവർക്ക് ഇഷ്ടമല്ല പിന്നെ ഉണ്ടോ കാര്യം അങ്ങനെ ജീവിച്ചു നോക്കിയുണ്ടല്ലോ നമുക്ക് ഈ കൂടുതൽ ഉണ്ടല്ലോ നിങ്ങൾ പരിശീലിച്ചു നോക്കും മാനസികമായിട്ട് ഭയങ്കര ഫലം കൂടുതലായിരിക്കും അതുപോലെ മെമ്മറി പവർ വളരെ കൂടുതലായിരിക്കും ഇതൊക്കെ ഈ ആഹാരത്തിന് വളരെയധികം നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കുന്നുള്ളത് പേഴ്സണലി അനുഭവമാണ് അതുകൊണ്ട് ഞാൻ അത്ര സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണത് മുളക് കടിച്ചു വെച്ചിട്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല കഴിച്ചു വെച്ചിട്ട് പ്രശ്നം ഇതൊക്കെ ചില ആഹാരാദികളിൽ നമ്മൾ മാറ്റം വരുത്തുമെന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ പഞ്ചസാരയൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ എല്ലിന് തീമാനം വരും നമ്മൾ അറിയുന്നില്ലേ അത് കാരണം കൂടുതൽ കാൽഷ്യം ഫോസ്വേറ്റ് അതിൽ കണ്ടന്റ് ആയതുകൊണ്ട് ബോഡിയിൽ ഓൾറെഡി ഇതൊക്കെ കൂടുതലാണ് നമുക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇതൊക്കെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ അക്യുമുലേറ്റ് ചെയ്യും അത് സിസ്റ്റത്തിനെ കേടുവരുത്തും മനസ്സിലായില്ലേ അതൊക്കെ നമ്മളെ ആരോഗ്യത്തിനെ കേടുവരുത്താത്ത വിധത്തിലുള്ള ആഹാരം നമ്മൾ കഴിച്ച് ശീലിച്ചാൽ ഒരു പക്ഷേ നമുക്ക് മരിക്കുന്നത് വരെ എന്ത് നിലനിർത്താം ആരോഗ്യം നിലനിർത്താം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കേടുവന്ന് കുറെയടുത്ത് മാറ്റി ഒരു കിഡ്നി അവിടെ മാറ്റി ഇവിടെ മാറ്റി ഒക്കെ കേടുവരുത്തി അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും നമ്മൾ അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നമുക്ക് പ്രതിരോധ ശക്തി ഇമ്യൂൺ പവർ വേണമെങ്കിൽ ആഹാരത്തെ നമ്മൾ വളരെ എന്തായിട്ട് കൂടെ നടക്കണം സാധ്യതയായിട്ട് ചിലർക്കൊക്കെ എരിവ് ഞാൻ വളരെ എരിവ് കുറച്ചിടാനാ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കൂടുതലാണ് അവിടെ കുറവല്ലേ വളരെ കുറച്ചിടാനാണ് പറഞ്ഞത് കാരണം ചിലർക്ക് എരിവിങ്ങോളം കയറിയാലേ ഭക്ഷണം കയറുള്ളൂ അശീലിച്ചു പോയി അവര് ഒന്ന് മാറ്റം വരുത്താൻ വലിയ പ്രയാസമാണ് ക്രമേണ ക്രമേണ നമ്മള് നമ്മളെ ശനൈ ശനൈരുപരമേത് അറ്റ്ലീസ്റ്റ് ശനിയാഴ്ച ശനിയാഴ്ച എങ്കിലും നമ്മളിതൊരു എന്ത് മാറ്റം വരുത്ത അതിനൊക്കെയാണ് ഉപവസിക്കുന്നത് വസതിന് ഉപവാസത്തിനൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താ വെച്ചാൽ ഒരു ദിവസത്തേക്കെങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആഹാരബോധത്തിൽ നിന്ന് ഇതൊക്കെ ഋഷീശ്വരന്മാര് നമുക്ക് മനസ്സിനെ ശരീരബോധത്തിൽ നിന്നും വേർപ്പെടുത്താനുള്ള ഒരു ഉപായമായി കണ്ടതാണ് പക്ഷെ നമ്മൾ അതിലും വില്ലന്മാരാണ് നമ്മൾ അന്ന് ഗോതമ്പ് കഴിച്ചിട്ടെങ്കിലും വയറു നിറയ്ക്കുന്നു ഹരിസാധന ഇല്ലേ കഴിക്കാൻ പാടില്ല പറഞ്ഞുള്ളൂ ഏത് കഴിക്കാം അതും പുഴുക്ക് ഗോതമ്പ് കൊണ്ട് പായസം എല്ലാം കഴിച്ചിട്ട് ഏ ഇന്ന് ഏകാദശിയാണ് ഇനി ഉറക്കാൻ സ്ഥലമില്ല ആരെങ്കിലും ചോദിച്ചാൽ എന്താ കഴിച്ചത് ഇത് പരിപ്പ് വേടാ മുഴുവൻ ഇറങ്ങിയിട്ടില്ല ഇത്രത്തോളം വയറ് നിറച്ച് കഴിച്ചിട്ട് ഹിന്ദുപാസനയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ക്രമേണ ഞാൻ നിങ്ങളെ കളിയാക്കല്ല സോൾ മെൻ ഫോർ withdrawing our mind from the body idethra namlu korakkino ee body ella namku prashna undakunnathu appa ningal kai yerthan parna pokkathede kaaranam enna anatchal palarum idu severe pain edukana pain edukane kaaranam manassum aa bagavumayittulla aa ah. ottil koodedala adu koodum thorum adinte pain nammale sadhikkum adu koriyum thorum ottil koriyum thorum cheriya kutikal nokku body ingane veney avarku flex cheya endukonde കാരണം അവരുടെ മൈൻഡും ബോഡിയും നമ്മൾ അറ്റാച്ച്മെന്റ് കുറവാണ് ഈ സർക്കസുകാരുണ്ടല്ലോ അവര് അഭ്യസിച്ച് അഭ്യസിച്ച് ബോഡി എങ്ങനെ വേണമെങ്കിലും അല്ലേ ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കാം പക്ഷെ നമുക്കങ്ങനെ ആക്കാൻ പറ്റും നമുക്ക് അത് നമുക്ക് മസിൽ കയറും അവർ ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ വൈ കാരണം നമ്മൾ അങ്ങനെയൊന്നും പരീക്ഷിച്ചിട്ടില്ല അപ്പൊ ഈ രാവിലെ കുറച്ച് എക്സർസൈസ് ചെയ്യുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആളുകൾ ഇറ്റ് ഈസ് മോർ മെൻ ഫോർ ഫിസിക്കൽ ഹെൽത്ത് it is not meant for the physical it is meant for the mind withdrawal, mind withdrawal the mind withdrawal cheyindoru physically namale prashnangalum baadhigile koravayirjathu appo ningalku ini asugam vannu ennuparna pole ithu puthuvayee streegalum aanangalum thammil oru vyathyasam undu anu vachalle ee streegalde body mind thammile ithri detach cheyittana prakrutiyil ullathu aanangalde shariravum aanangalde manassum valare അറ്റാച്ച്ഡ് ആണ് വൈ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭം ചുമക്കണം അപ്പൊ മനസ്സും ബോഡിയും എങ്ങാനും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നാൽ ഈ ഗർഭം ഒരു വലിയ പെയിൻഫുൾ ആയിരിക്കും അപ്പൊ ഇത് പ്രകൃതിക്ക് നേരത്തെ അറിയുന്നത് കൊണ്ട് ഡിറ്റാച്ച് ചെയ്തിട്ടാവശ്യം അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് ഒരുവിധം ഫിസിക്കൽ പ്രശ്നങ്ങളൊന്നും അവരെ അങ്ങനെ ചെയ്യില്ല ചെറിയൊരു പ്രശ്നമൊന്നും എഫക്ട് ചെയ്യില്ല നേരെ മറിച്ച് ആണുങ്ങളെ ചെറിയൊരു പെയിൻ ഉണ്ടല്ലോ അത് വളരെ സിവിയറായിട്ട് എഫക്ട് ചെയ്യും കാരണം മൈൻഡും ബോഡിയും തമ്മിൽ അത്ര അറ്റാച്ചഡാണ് സ്ത്രീകളെ സംബന്ധിച്ച് ഇമോഷൻ വളരെ പതുക്കി വരുന്നുള്ളൂ എന്നാൽ ആണുങ്ങളെ സംബന്ധിച്ച് പെട്ടെന്ന് വരുന്നതിന് കാരണം ബോഡിയും മൈൻഡും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൂടുതലുള്ളത് ഇതൊക്കെ പ്രകൃതിയാൽ ഉള്ളതാണ് സ്ത്രീകൾക്ക് വലിയ സിവിയറായിട്ടുള്ള ഈ യോഗാസനങ്ങളൊന്നും പറഞ്ഞു വയ്ക്കാത്തത് ഇതൊക്കെ ആണുങ്ങൾക്ക് ഈ യോഗയും മറ്റുള്ള കാര്യങ്ങളും പ്രാണായമൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് കാരണം ഓൾറെഡി ഡിറ്റാച്ച്ഡാണ് പക്ഷെ ഇതെന്ത് പറ്റി ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ എന്ത് പറ്റി ഈ സ്ത്രീകളും ഏറെക്കുറെ ആണുങ്ങളെപ്പോലെ ടെൻഷൻ എടുത്ത് ജീവിക്കാൻ തുടങ്ങി പണ്ടുകാലത്ത് വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ മതി ഇന്ന് പ്രസവിച്ചാൽ മാത്രം പോരാ വീട്ടുകാരെയും നോക്കണം നാട്ടുകാരും നോക്കണം ഓഫീസിലെ കാര്യം നോക്കണം എല്ലാ കാര്യങ്ങളും നോക്കണം അച്ഛന്റെ ജോലിയും ഭാര്യ ചെയ്യണം അമ്മയുടെ ജോലിയും കൂടി ആ ടെൻഷൻ അങ്ങനെ എടുത്തെടുത്തെടുത്ത് ഏറെക്കുറെ ആണുങ്ങളുടെ ബോഡി പോലെ മനസ്സ് പോലെ സ്ത്രീകൾ അവർക്കും വലിയ വലിയ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് ഇന്നിപ്പോ സ്ത്രീകൾക്കും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാൻ തുടങ്ങി പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ അവർക്കും വരാൻ തുടങ്ങി പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരില്ല ഹാർട്ട് അറ്റാക്ക് വരാത്തതിനു കാരണം ഹാർട്ട് ഇല്ലാത്തത് കൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് കാരണം ബോഡിയും മൈൻഡും തമ്മിലുള്ളൊരു ഓൾറെഡി അങ്ങനെയൊന്നും ബിപിയും പ്രഷറൊന്നും കേറില്ല ഇന്നിപ്പേറ്റവും കൂടുതൽ ബി പി സ്ത്രീകൾക്കാണ് കാര്യം കൊണ്ടാണ് അതുകൊണ്ട് ൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഏത് ഉം ആഹാരം ഇനി ഭഗവാൻ പറയുന്നു ഏതിനെയാണ് രാജസ എന്ന് പറയാ കടു അമ്ള ലവട അത്യുഷ്ണ രൂക്ഷ വിദാഹിന ബിരിയാണി ബിരിയാണിതാണ് പുളിയിഞ്ചി കടുമാങ്ങ ഈ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോൾ ആഹാര രാജസ ആഹാരത്തിന്റെ പേരാണ് രാജകീയ ഭക്ഷണമാണ് ഇത് അധികം കഴിച്ചാൽ ദുഃഖശോകമായ പ്രധ ദുഖത്തിന് വേറെ ഓർഡർ ചെയ്യണ്ട എന്തുകൂടെ വരും ഈ സാധനത്തിന്റെ കൂടെ എന്തൊക്കെയാണ് ആളുകൾ നോക്കുക ഉള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറയും ഭയങ്കര എരിച്ചിലെടുക്കണം വയറെന്ന് ആരാതൊക്കെ കടത്താൻ പറഞ്ഞത് ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഭയങ്കര എരിച്ചിലുണ്ട് എന്നിട്ട് ആ എരിച്ചിലടങ്ങാൻ വേണ്ടി ഐസ്ക്രീം കഴിക്കും ആരെ ദ്രോഹിക്കാനാണെന്നൊക്കെ ആളുകളുടെ ചില ഭക്ഷണ രീതികളൊക്കെ കണ്ട അപ്പൊ ഇങ്ങനെ കുറെ അനാവശ്യമായി സാധനങ്ങൾ ഇട്ടുകൊടുത്ത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിങ്ങൾ ഭാരതത്തിന്റെ ഈ സംസ്കാരം തന്നെ ആഹാരത്തിലായിരുന്നു നമ്മളാണ് പക്ക വെജിറ്റേറിയൻകാര് ഭാരതത്തിന് പിന്നീടാണ് അതൊക്കെ മാറ്റം വന്നത് അതുകൊണ്ട് തന്നെ ഭാരതീയ ശാന്ത സ്വഭാവക്കാരായിരുന്നു നമ്മൾ ഒരാളെ ആക്രമിച്ചിട്ടില്ലേ നമ്മുടെ ആളുകള് എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളെ പോലും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചവരാണ് ഒരു ലോകത്തിലും ചരിത്രത്തിലോ ഇല്ല ഇങ്ങനെ ആർക്കും വേണ്ടാത്ത യു യതു എന്നാണ് എന്താ പറയുക ജൂതാസ് അല്ലേ പണ്ട് റോമല് ജീസസിനെ ക്രോസിഫൈ ചെയ്തതിനു ശേഷം ആ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ വലിയ പ്രശ്നമായിരുന്നു അവര് ഓടി രക്ഷപ്പെട്ടത് ഭാരതത്തിലെ പാർസികള് മുസ്ലിങ്ങളുടെ മറ്റൊരു വിഭാഗമായിരുന്നു അവര് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് ഭാരതത്തിൽ വന്നു ചേരുന്നവരാണ് ഇങ്ങനെ അനവധി വിഭാഗങ്ങൾ ആളുകൾ ഇവിടെ വന്നുചേരാൻ കാരണം നമ്മുടെ ഭാരതത്തിന്റെ ഒരു ഒരു തുറന്ന മനസ്സാണ് അത് കുറെ ഒക്കെ ആഹാരവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ നോക്കൂ കൂടുതൽ നോൺ വെജ് കഴിക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സ് വളരെ കുറവാണ് നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് നോക്കൂ നിങ്ങൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം മറ്റു മതങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല മറ്റു റിലീജിയസ് പ്രാക്ടീസിനെ ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ല അത്ര അവര് ഫിസിക്കൽ ഓറിയന്റാണ് ഒരു വശത്ത് അവർ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന് പറയും ചെയ്യുന്നു അത്ര ഫുൾ ആണ് നോക്കൂ ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് വേണ്ടേ എന്നാൽ നമുക്ക് ലോകാസമസ്ത സുഖിനോഭവന്തു എന്ന് പറയാൻ സാധിച്ച ഋഷിശരത് സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവത ഭാവന നിങ്ങൾ ലോകാസമസ്ത സുഖിനോഭവന്തു ഇന്നിപ്പോ നമ്മൾ വേറെ കുറെ പറയാൻ പറ്റാത്തവരായി തീർന്നു ഇന്നിപ്പം നമുക്ക് മനസ്സിലായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല കാലം നമ്മൾ മാറ്റി പിന്നീട് പറയുന്നു ഭഗവാൻ താമസ യാദയാമം ഗതരസം ഭൂതീ പരീക്ഷിതം ചെയ്തു അതായത് പഴം കൂട്ടാൻ കഴിക്കുക പഴം കൂട്ടാൻ പറഞ്ഞ ഓരോ വീട്ടിൽ ഫ്രിഡ്ജിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലോ കഴിഞ്ഞ ഓണത്തിന്റെ വായസ കൊണ്ടാ എടുത്തു വെച്ചിട്ട് എത്ര തൊലിക്കട്ടിയാ നോക്കൂ ഏ അതെ കാളൻ ഒരാഴ്ച ഇപ്പൊ നിങ്ങളിങ്ങോട്ട് വരുമ്പോ തന്നെ ഓരോ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി ഒരു മാസത്തേക്കുള്ള സാമ്പാർ കാളൻ കാളൻ ഇനിയും കുഴപ്പമില്ല പെട്ടി വന്നതോടുകൂടിയിട്ട് സൗകര്യ എന്തുണ്ടാക്കിയാലും അതിന്റെ അകത്തേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂടാക്കി പിന്നെ മൈക്രോവിനും വന്നു ഒന്ന് തണുപ്പിക്കാനും മരിച്ചു കഴിഞ്ഞാൽ ഈ ബോക്സ് പ്രതിജ്ഞ ചെയ്യേണ്ടത് നിങ്ങളെ കുറച്ചു ദിവസം കടത്തുന്നു മിക്കവാറും ആളുകളും മരിച്ചു കഴിഞ്ഞാലല്ലോ പെട്ടെന്ന് അവരെ ക്രിമേറ്റ് ചെയ്യാൻ കൊണ്ടോ ഇല്ല ഒരു രണ്ടു ദിവസത്തേക്കെങ്കിലും ോക്സിൽ ഐസിലൊക്കെ ഇട്ടു വെച്ച് അതിലത്തെ സാധനം കഴിച്ചു കഴിച്ച് ശീലിച്ചതല്ലേ അപ്പൊ ആ സംസ്കാരം കുറച്ച് ശരീരത്തിൽ ഉണ്ടാവണമല്ലോ നോക്കും നിങ്ങള് അങ്ങനെയൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരാണ് താമസം അപ്പൊ നമുക്ക് ഇത്തിരി താമസം എല്ലാ കാര്യത്തിലും ഏ ഒരു താമസം എന്ന് പറഞ്ഞാൽ മറവി ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് കൂടുതൽ കൂടുതൽ നമ്മുടെ ബുദ്ധി പെട്ടെന്നൊന്നും പ്രവർത്തിക്കില്ല പ്രവർത്തിക്കും എപ്പോന്നറിയോ താമസിച്ച് അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ഓർമെന്റ് ആണല്ലോ ടിക്കറ്റ് എടുക്കേണ്ടതായിരുന്നു ഒന്ന് അതുവരെയും ഓർമെന്റ് ആവില്ല കാര്യം മക്കളും നാട്ടിൽ നിന്ന് വരികയാണേ എല്ലാ സാധനങ്ങളും പണ്ടൊക്കെ എങ്ങനെയുള്ള ചക്ക മാങ്ങ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ബോംബെയിലും മഡ്രാസിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ഫാമിലി വരുമ്പോൾ അച്ഛനെയും അമ്മയെ ഒഴിച്ചു ബാക്കിയെല്ലാം അവര് അവിടുന്ന് പിറകി കൊണ്ടുവരും അങ്ങനെ പത്തിരുപത് കിലോമീറ്റർ ഒക്കെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഭാര്യയോട് ചോദിക്കുന്നത് എനിക്കതൊക്കെ എടുക്കാന്നുണ്ടായിരുന്നെങ്കിൽ ഫ്രണ്ടിൽ അലമാരയും കൂടെ എടുക്കായിരുന്നില്ലേ എന്ന് എന്നെ ഇവിടെ വെക്കും ഫ്ലാറ്റില് സ്ഥലം ഉണ്ടോ സ്ഥലം ഉണ്ടോ ഇല്ലയെന്നല്ല എടുത്തിരുന്നു എങ്കിൽ നമ്മുടെ ടിക്കറ്റ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു എന്നത് അതിനടുത്തിട്ടില്ലേ തിരുതീല് പാക്കേം വാങ്ങിയും പാക്ക് ചെയ്തപ്പോ ടിക്കറ്റ് എടുക്കാൻ ഇങ്ങനെയൊക്കെ കാണാൻ നിൽക്കാരം ഓരോ സാത്വികമായിട്ടുള്ള സാധനങ്ങളെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്നുണ്ട് പറയണം പിന്നെ അതിനുശേഷം ഭഗവാൻ പതിനെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോ പതിനെട്ടാമത്തെ കൂടി നമുക്ക് പാരായണം ചെയ്യാം ഓം നമോ ഭഗവതേ വാസുദേവാ അതാദോധ്യർജുന ഉച സഹാബാഹോ ത േതിജീകേശീനിശോധനീഭവാച്യാസം സവയോവിധോ ഹുത്യാഗം വിചക്ഷണ തജ്യം ദോഷവരിേകാഹുഷി യാ तत्र, त्यागे നിശ്ചയം ശൃണു തത്രേ ഭരതസ്യഗോ ഹി പുരുഷവ്യഘ്രിവിധ സമ്പ്രകീർത്തിനത നജ്യം കാര്യമേ തദ്ദേ യോ ദാനപി ഏതാണ് സങ്കം തലി കത്തവ്യനീതി മേ പാർ നിശ്ചിതം മദമുത്ത നിയതണോ നോപ്യതേ മോഹൽത്ത പരിത താമസ പരികീർത്തി ദുഃഖമിത്യയത്കർമ്മ കാളേശയാജേ സാജസം തഗഫലം ലഭേ കാര്യമത് കമ്മ നിയതം കിയതേർജുന സങ്കം തയക് ഫലം ചൈവ സാത് ഗോമത േ്യകുശലം കർമ്മ കുശലേനുഷജീ സതസമാവിഷ്ടോ മേധാവീിന്നശയാ നിദേഹൃതാ ശക്തം കർമാണേഷ യു കർമ്മത്യാഗ സയാഗീത്യേത അനിഷ്ടിശ്രിവിധം കർമ്മണ ഫലം പ്രേറ്റി പഞ്ചേതാ മഹാബാഹോ കാരണനി ബോധമേ സേ കൃത സിദ്ധയേ സർവകണിഷർ കരണം ചതക്വിദം വിവിധ പ്രദക്ഷേറ്റം ആ പഞ്ചമീരവാനോഭീ കർമ്മേ നര യാ വിരീതം വഞ്ചൈ തയ്യേതവ തതികർത്തരം ആത്മാനം കെയലം തുയാ പശത്തി പശ്യബുദ്ധിവാൽ നശ്യതി ദുർമ്മീഹോ ഭാവോ ബുദ്ധ്യ ലിപ്പ ോകാൻ നീ നേയം പരിജാത വിദന കരണം കർമ്മർ ത്രിവിദക്കുമ്രഹ ർ ത്ര ഗുണഭേദ പ്രോച്യ ഗുണസാവൽസൃണുദണ്വീ സർഭൂതേഷയമീക്ഷേ അവിഭക്തം വിഭക്ത തദ്ധി സത്കം പ്രദക്തേനുയജ്ഞാനാഭാവാൻ പ്രദഗ്വിദിഷു ബോധേഷു തദ്ധി രാജസം സ്നവദേകൻ കാര്യസക്തമഹൈ അദർവാത്ത അദർവാർവദം ചൽത്തമസുദാഹൃതം നിയതം സങ്കർഹിതം അരാഗദ്ധേഷുനകർമ്മ യൽസാത് യത് സാത്കമു്യത്തൊക്കാമിസുനഹാരേണ വാന കയഹുലാസം താജ സമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാ അനവേക്ഷ പൗരുഷം മോഹാദാരഭ്യത്തെ കർമ്മ ഞത്തൽ തമസ മുച്ച മുസംവാദീ മൃത്യുസാഹസമന്തി സിദ്ധസിദ്ധ്യോ നിർവി കത്വ ഉച്ച രാഗീകർമ്മഫല പ്രേപ്സൂ ലുബ് ഹിംസാത്മഗോജീ ഹർഷശോകാൻവിത രാജസ്പരികീർത്തി അയുക്താകൃത ഷടോദൈഷതികോലസ വിഷാദീ ദീർഘസൂത്രീ കമസ ഉച്ച ബുദ്ധേർദ്രുതേശൈവ ഗുണദത്രിവിദം ശൃണു പ്രോച്യമാനമേഷ പ്രദക്േനധനഞ്ജയാവൃത്തിവൃത്തി കാരേ ഭയാന്ധം മോക്ഷം ചാവേത്തി സാ പാത്രസാത്വീ മധർമ്മംച്ച കാര്യം ചാകാരമേവ അയദാവൽ പ്രദീ ബുദ്ധി സാ പാർത്തരാജസീ അധർമ്മം ധർമ്മമീയാ മയത്തെ തമസാവൃത സർവാർവിപരീതംശ ബുദ്ധി സാ പാർ താമസീറേന്ദ്രി യോഗേന തൃതീസാ പാർത്ഥസാത് യയാധർമ്മകാർ തൃത്തധാരയേർജുന പ്രസംഗരാചം ഭയം ശോകം വിഷാദം മതമേവച്ച വിമുഞ്ചതി ദുർമ്മേധാ നീ സാ പാർ താമസീ സുഖം തിനിതം ശൃണു മേ പരദർശമാ അഭ്യസാമത്തെ യത്ര ദുഃഖാതം നഗച്ചതി യദഗ്രേ വിഷമ പരിണാമേ മൃദോപമം അത്സുഖം സാത്വകം പ്രോക്ത ആത്മബുദ്ധി പ്രസജന വിഷയേന്ദ്രി സംയോ എദ്രേമൃദോപരിണാമേ വിഷമ ുഖം രാജ സംസ്മൃതഗ്രേ ചാൻഡേ ചുഖം മോഹനമാത്മന നിദ്രാദോ നിദ്രാളസ പ്രദോത്തമസമുദാഹൃത നദസ്തി പ്രിവ്യം വാ ദിവേഷുവാ പുന സകൃതിചൈർമുക്ണക്ഷിയൂദ്രാചരന്ധർമാണി പ്രവിഭക് കർമാണി പ്രവിഭക്ത സഭാവ പ്രഭവൈർഗുണൈ ശമോദമസ്ത ശൌചം ചാന്തിന്തിരാർജവമേവാനം വിജ്ഞാനമാതിക കർമ്മസ്വാവജം ൗര്യ തേജോദാക്ഷി യുദ്ധേ ചാപ്യലത്തെ ചാപ്യലവായം യുദ്ധേ ചാപ്യപല ദരഭാവസ് ക്ഷാത്രം കർമ്മസ്വഭാവജം കൃഷി ഗൗരക്ഷണിജ്യം വൈശ്യകഭാവജം പരിചരയാത്മകം കർമ്മ ശൂത്ര സ്വഭാവജ സ്വേഷേ കമ്മണിത സംസിദ്ധിം ലഭത്തെ നര സ്വകരസിദ്ധി യഥാവിന്ദതി തൃണു യ പ്രവൃത്തിർഭൂതം തദർമ്മണമഭ്യർ സിദ്ധിം വിമാനവ്രേയാധർമ്മോ വിഗുണ പരധർമാനിഷിത സ്വഭാവനിയതും കമ്മോതി കിൽ സഹജം കർമ്മൗന്ദേയ സദോഷമവിന തർംബാ ഹി ദോഷ ദോപേനക്തിരിവാൃത सर्वत्र അസക്തുദ്ധിത്രിത്മാവിഗതസ്പൃഹ നൈഷ്കസിദ്ധി പരമാ സസേനതിഗതി സിദ്ധിം പ്രാ യ്രഹ തോതിനി ബോധ മേ समासे സമാസേനൈ ഗോന്ദേയ നിഷാജാനാ പര ബുദ്ധ്യ വിശുദ്ധയാുക്ത നൃത്തത്മാനം നിയമ്യജീന് വിഷയാൻ തൃക്വേഷോ വിതൃ विविक्त വിവിസീലഗ്വാശീ യഥ്യനയോഗപരോ നിൈരാഗ്യം സമുശ്രിത അഹങ്കാരം दर्पं, कामं क्रोधं परिग्रहं, വിമുച്ചധർമ്മമ ബ്രഹ്മഭൂയാൽപ്പോധ പ്രസന്തി നാക്ഷതി സമസു ബോധേഷ മൽഭക്തിലപേ പരാ ഭമിജതിാമാന്യസ് തോമാ വിശദേ തരംർമാണ്യസുവാണോ മലവ്യമാശ്രയ മൽപ്രസാദമാാശതം പദമവ്യയം ചേതസ മയി സന്യസ്യ മൽപ്പുദ്ധി യോഗമുവാശ്രി മച്ചിത്തസംഭ മച്ചിത്തസുർഗാണി മൽപ്രസാധരിഷ്യസീ അത ചേത്തമഹങ്കാൻ ന്രോഷ വിനക്ഷ്യോൽസൈതി മഞ്ഞസേ മിത്യൈഷ വ്യവസായസ്തേ പ്രഗതിസ്വാം നിയോക്ഷതീ സ്വഭാവന കൗന്ധേയ നിബദ്ധസ്വേന കർമ്മ കേച്ചസിന്മോഹാൽ കരിഷ്യസവശോ ഈശ്വരസഭൂത ഹൃദ്ദേശേർജുന തിഷതീ ഭ്രാമയൻസൂതൂടാണി മാ തമേവരണ ഭാരത കൽപ്രസാദൽ പരാം ശാന്തി ശാശ്വതം ഇതിന്റെ ജാനമാഖ്യാതം ഗുഹ്യൽഗുഹ്യതരം മയാശേതശേഷേന യുരുഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വജ ഇഷ്ടസി മേ ദൃഢമതിദോ വക്ഷ്യാ ഹിതം മന്മനാഭവമൽ ഭക്തോ മദ്യജീമാമസ്കുരു മാമേ വൈശസി സത്യം തേ പ്രതിജി മേ ധർമാൻ പരിജ്യ മാം ശരണം വ്ര അഹം മോക്ഷയിഷ്യാ മാശുജം തേനാ തയക്താ ജന ശുശ്രോഷമേവാച്യം നം യോപ്പൂയതി പരമം ഗുഹ്യം മൽഭക്തിഷവു ദാസയ ഭക്തി മയി പരാമേശ തനുഷ്യേഷു കശിന്മേ പ്രിത്തമാവിദാനസ്മാതരോ ഭുവി അദ്ദേശ്യത്തെ ചമം ധര്മ്മ്യം സംവാദമാവോ ജാനയജേരേനഹം ഇഷ്ടമിതി മേമതീ നനസൂയശ്ചുയാദ വിയോദരാ സോവിമുക്തുഭോൻ പ്രയാണകർമ്മ കിതസ്രുതം പാർ ത്യേകേണ ചേതസ കിാനസംമോഹ പ്രണഷസ്റ്റേദനഞ്ജയാ അർജുനൗവാച നഷ്ടോ മോഹസ്മൃതിർലബ്വാൽപ്രസാദ്യുത സ്ഥിതോസ് ഗതസന്ദേഹ കർജുന സഞ്ജയൗ വാജ ഇഹം വാസുദേവ ആർത്ത ച മഹാത്മന സംവാദമസ്രോഷം അത്ഭുതം രോമർഷണുതഹം പരം യോഗം യോഗേശ്വരാൽ കൃഷ്ണൽ സാക്ഷാൽ കഥയത സ്വയം യാജൻ സംസ്മൃത്യ സംസ്മൃ സംവാദിമത്ഭുതം കശവാർജുനയോ പുണ്യ ഹൃഷ്യ മുഹുർമുഹു തച്ച സംസ്മൃ സംസ്മൃ രുപമത്ഭുദം ഹരേ വിസ്മയോ മേ മഹാരാ മഹാൻ രാജൻ ഹൃഷ്യമി ചനഃ പുന യ്രോകേശരൃഷ്ണോ യർോദനുധരാ തീവിജയോ ബോധി ധ്രുവാണിമതിമമാത്രോരൃഷ്ണോ എത്ര പാർത്തോദനുർധരാ തീവിജയോ ബോധി ത്രുവാണീതിമതിമമാ ഓ തത്സദി ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷത്സു ബ്രഹ്മവിദ്യോസ്ജുനസംവാസ്യസയയോ അഷ്ടാദോധ്യായ സ്വകർമ്മനിരതാവിന്ദതി തശ്രോ സിദ്ധിം വിന്ദതി എപ്രകാ തഥാ യഥാ എപ്രകാരമാണ് സിദ്ധിം എന്റെ മനസ്സിനെ ഉയർത്താൻ സാധിക്കുകയെന്ന് കേട്ടുള്ളൂ സ്വേസേ കർമ്മണി അഭിരഥനവന്റെ കർമ്മമേഖലകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കരുത് സംസിദ്ധിം സംസിദ്ധി കിട്ടും എന്നിട്ട് ഭഗവാൻ പറയുകയാണ് അടുത്ത ശ്ലോകം ീരമാണ് യഥ പ്രവൃത്തിർഭൂതാനം ഏനസമിതം തദം സകർമ്മണാതമഭ്യർച്ച സിദ്ധിം വിന്ദതിമാനവാ പ്രവൃത്തിർഭൂതാനാം ഏന ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ മനസ്സും ശരീരമൊക്കെ പ്രവൃത്തി ചെയ്യുന്നത് ം സർവം അത് മുഴുവൻ അതാണ് അതിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ആരിലാണ് ഇതൊക്കെ നടക്കുന്നത് ഏതൊരു ഭഗവത് സാന്നിധ്യം കൊണ്ടാണോ മനസ്സും മനസ്സുണരുന്നതും ശരീരം ഉണർന്ന് പ്രവർത്തിക്കുന്നതും ആ ഭഗവാനെ സ്വകർമ്മണ അഭ്യർത്ഥ്യ സ്വന്തം കർമ്മത്തിലൂടെ അഭ്യർത്ഥ്യ അഭ്യർത്ഥ്യ എന്ന് പറഞ്ഞാൽ അർച്ചിച്ചാലും അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ കാണേണ്ടത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മവും ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളായി കണ്ട് അതിലൂടെ നിങ്ങൾ പൂജിക്കുന്നത് ആരെയാണ് ഭഗവാനെ അപ്പൊ നമ്മൾ അതിനെ ആറ്റിറ്റ്യൂഡ് മാറ്റണം നമ്മൾ ചെയ്യുന്നു തോന്നരുത് ഇതെല്ലാം എന്നെ ഭഗവാനേൽപ്പിച്ചത് ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭർത്താവിനെ നോക്കുന്നത് ഞാൻ കല്യാണം കഴിച്ച ഭർത്താവിനെ നോക്കുന്നു എന്ന് വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോഴാണ് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാവുന്നത് പ്രതീക്ഷകളൊക്കെ വരുന്നത് നേരെ ആ ഭഗവാൻ ഏൽപ്പിച്ച കർത്തവ്യം ഞാനത് ഭംഗിയായിട്ട് ചെയ്യണോ അപ്പൊ പിന്നെ ഏറ്റുമുട്ടലില്ലേ കുടുംബത്തില് കാരണം മനുഷ്യ മനസ്സ് സദ്യക്കനെ വിവാഹം എന്ന് പറയുന്നത് പ്രതീക്ഷകളാണ് പ്രതീക്ഷകളാണ് എന്നെ നോക്കുമെന്നൊരു പ്രതീക്ഷ എനിക്ക് സുഖം തരുന്നുള്ളൊരു പ്രതീക്ഷ എന്നെ സംരക്ഷിക്കുന്നുള്ള പ്രതീക്ഷ ആണോ അല്ലെ പക്ഷെ നമ്മൾ അടുക്കുംതോറും നമുക്ക് മനസ്സിലാവും ഒരാൾക്കും മറ്റൊരാളെ പരിപൂർണമായി സന്തോഷിപ്പിക്കാനോ സംരക്ഷിക്കാനോ സാധ്യ എന്ന് മാത്രമല്ല സ്വഭാവങ്ങളിൽ പലപ്പോഴും വൈവിധ്യങ്ങളുണ്ടാകും പലപ്പോഴും നമുക്ക് അടുക്കുമ്പോഴാ മനസ്സിലാവാൻ മറ്റൊരാളുടെ സ്വഭാവത്തോട് നമുക്ക് പരിപൂർണമായി യോജിക്കാൻ സാധ്യമല്ല അന്ന് ജീവിതത്തിൽ ഇത് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഉത്സാഹങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ നമ്മളൊരു എന്താണ് യാന്ത്രികമായി ജീവിക്കാൻ തുടങ്ങി മനസ്സിലായില്ലേ അങ്ങനെയാണ് കല്യാണ ജീവിതത്തിന്റെ സ്പിരിറ്റ് പോകുന്നത് അതിലെങ്കിലും പൊട്ടുണ്ടാക്കണോ കടലുണ്ടാക്കണോ വേണമെങ്കിൽ കഴിച്ചോളൂ എന്തെങ്കിൽ കഴിക്കേണ്ട കോൾ ഉണ്ടെങ്കിൽ ിൽ ആ രീതിയിലാവുമ്പോണ്ടല്ലോ ഒരു ഇൻസ്പിരേഷൻ പോകും ജീവിതത്തിന് അവിടെയാണ് ഭഗവാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യുന്നു എന്റെ എന്നുള്ള ആ ആറ്റിറ്റ്യൂഡിൽ നോക്കരുത് ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ അങ്ങനെ നോക്കുമ്പോ സ്വകർമ്മണ തം അഭ്യർച്ച ആ കർമ്മം കൊണ്ട് തന്നെ ആരെ പൂജിക്കാം ഭഗവാനെ സിദ്ധിംവിന്ദതിമാനവ അതിലൂടെ മനസ്സിനെ നിങ്ങൾക്ക് ക്രമേണ അപ്പൊ നോക്കൂ പ്രവൃത്തിയല്ല നമുക്ക് മാറ്റേണ്ടത് പ്രവൃത്തിയല്ല മാറ്റത് പ്രവൃത്തിയോടുള്ള സമോ സമീപനം നമ്മൾ മാറ്റരുത് ഏത് ഭാവനയിൽ നമ്മൾ ചെയ്യണോ ഏത് ഭാവനയിൽ നമ്മൾ ചെയ്യുന്നോ അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയുടെ ക്വാളിറ്റി മാറിക്കൊണ്ടിരിക്കും ഉണ്ടോ ഇല്ലയോ ആ ഭാവനയാണ് ഗംഭീരം അപ്പൊ രാസലീല കാണായി ഒരു നിമിഷ നമ്മൾ അറിയാതെ നമ്മുടെ ഭാവന വൃന്ദാവനത്തിലേക്ക് പോവാണ് നമ്മൾ കൃഷ്ണനെ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് തോന്നാണ് അത് കൃഷ്ണനും രാധ തോന്നിപ്പോവാണ് അപ്പൊ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് ആ പഴയ കാലങ്ങളുടെ ആ ഒരു സംഭവത്തിലേക്ക് അറിയാതെ നമ്മൾ പോകുന്നു അതുവരെ നമ്മളൊരു കാഴ്ചക്കാരാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ കാഴ്ചക്കാരെന്നുള്ളതിൽ പോയി നമ്മൾ അതിലേക്ക് ലയിക്കാൻ തുടങ്ങും ശരിയല്ലേ ഇതുപോലെ നമ്മുടെ മനസ്സ് ഏത് ഭാവനയിൽ കാണുന്നോ അതിനനുസരിച്ച് നമുക്കതിന്റെ അനുഭവം വ്യത്യസ്തമായിട്ട് വരും എന്നിട്ട് പറഞ്ഞു ഭഗവാൻ ശ്രീയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനിഷ്ഠിതാൽ സ്വഭാവനിയതം കർമ്മ കുറുവൻ ആപ്നോതി കെൽഭിഷം കുറുവൻ ആപ്നോതി എല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് എന്താ ചെയ്യേണ്ടത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ അവനവന്റെ ധർമ്മം വിഷമമുള്ളതാണെങ്കിലും അത് സർവോത്കൃഷ്ടമായി ചെയ്യണം അപ്പൊ രണ്ടു തരം കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് സ്വകർ സ്വധർമ്മ രണ്ടു തരം ധർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഏതിൻ്റെയൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങളോട് ഒന്ന് ശരീരത്തിന്റെ ധർമ്മം ശരീരം യാത്ര ചെയ്യുന്നത് മണ്ണിലേക്കാണ് മനസ്സ് യാത്ര ചെയ്യേണ്ടത് അതും നമ്മൾ ധർമ്മമായിട്ട് എടുത്തു കൊണ്ടും ഇത് രണ്ടും നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ശരീരം അതിന്റെ രീതിയിൽ പോയിക്കോളും മനസ്സാരിലേക്ക് തിരിഞ്ഞോളും ഭഗവാനിലേക്ക് എന്നിട്ട് ഭഗവാൻ പറയാണ് വളരെ സദ്യ അമ്പത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭക്തമിജാശ്ചാസ്മി തോ മാം തോ ജാ വിശദേ തദനന്തരം ഭക്തിയാ മാം അഭിജാനാദി ഭക്തിയിലൂടെ എന്നെ അറിയാൻ പറ്റും ഭക്തി എന്ന് പറഞ്ഞാൽ ഓർക്കണം അനന്യ ചിന്തയാണ് ഭക്തി ഭഗവാനിലേക്കുള്ള നിരന്തരമായ ചിന്ത അനന്യ ബോധത്തോടുള്ള ചിന്ത ആ ചിന്ത കൊണ്ട് അറിയാൻ സാധിക്കും എന്നെ താത്വികമായി അറിയാൻ സാധിക്കും തതോ മാം താ തത്വതോ ജ്ഞാത്വ ഭഗവാനെ എങ്ങനെ തന്നെ അറിയണം വളരെ ഉറപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഏത് രൂപത്തിൽ കാണണം താത്വികമായി അറിഞ്ഞിട്ട് ഞാസ്വാ അങ്ങനെ അറിഞ്ഞിട്ട് വിശദേ തത് അനന്തരം വിശദേ ആവിശത വിശിക്ക പ്രവേശത വിശതേ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക ആരിലേക്ക് അപ്പൊ ഈ മനസ്സ് ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞ് ഈ മനോവിചാരങ്ങളൊക്കെ ആരിലേക്ക് തിരിയണം ഭഗവാനിൽ ലയിക്കണം അപ്പോഴേ നമ്മൾ ഭഗവാനിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ ഒരു മുറിയുടെ അകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കലാണ് അപ്പൊ ഭഗവാനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭഗവാനിലേക്ക് പരിപൂർണമായി മനസ്സ് ചെയ്ത് തന്നെ വേണം മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് നമ്മുടെ അവസാനത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും വെച്ചാൽ ശരീരബോധത്തിൽ നിന്നും മനസ്സ് വിട്ട് ഭഗവത് ബോധത്തിലേക്ക് മനസ്സ് ലയൻ ലയിക്കണം മെൽറ്റ് ചെയ്യണം ഡിസോൾവ് ചെയ്യണം അത് കംപ്ലീറ്റ്ലി അതിലേക്ക് തീരണം രാമകൃഷ്ണ പരമസര് പറഞ്ഞ പറയും ഒരു ഉപ്പുപാവ കടലിന്റെ ആഴമറ അളക്കാൻ പോയതുപോലെ ഒരു കഥ പറയട്ടെ അപ്പൊ കടലിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന ഉപ്പുഭാവയുടെ അവസ്ഥ എന്താണ് അതലിഞ്ഞ് അലിഞ്ഞൊല്ലു ഇതുപോലെ നമ്മുടെ മനസ്സ് ഭഗവാന്റെ ആഴം അളക്കുന്തോറും അങ്ങനെ ഇറങ്ങി ഇറങ്ങിച്ചൊല്ലു ഇപ്രകാരം പറഞ്ഞ് അതുകൊണ്ട് അർജുന ഇതാണ് ജീവിത സത്യം ഈശ്വര സർവഭൂതാനിഷ്ട ബ്രാഹ്മയൻ സർവഭൂതാനി യൂഢാടി മായയാതൊരു സംശയവും ഉണ്ടാവരുത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ എവിടെയുണ്ട് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അണ്ണുകൂല സംശയം ഉണ്ടാവരുത് വെരിസ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറിസ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉത്തരം എല്ലാവരുടെ അങ്ങനെയല്ല പറയേണ്ടത് എല്ലാവരും ഭഗവാനിലാണ് ഇരിക്കുന്നത് എല്ലാവരെയും നിലനിർത്തുന്നത് എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിടത്ത് കുരുങ്ങി നിൽക്കുന്നവരായി എന്നാൽ എല്ലാവരും ഭഗവാനിലാണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിലനിർത്തുന്നത് ഉണർത്തുന്നത് ഭഗവാൻ നിങ്ങളുടെ മനസ്സിനെ ശരീരവുമായി കൂട്ടിച്ചേർത്ത് നിർത്തിയിരിക്കുന്നത് നിങ്ങളല്ല അത് ആ ശക്തി തന്നെയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിക്കോളൂ അപ്പൊ പിന്നെ ഭഗവാൻ ഇല്ലാത്തൊരു സമയമുണ്ടോ ആ ശക്തിയൊക്കെ നമുക്ക് തോന്നണ്ടേ നമ്മൾ തളരാൻ പാടുമോ എന്താ നമ്മൾ ആദ്യം പഠിച്ചത് എന്ത് മന്ത്ര പഠിച്ചത് രണ്ടു കാര്യങ്ങൾ നിങ്ങൾ മറക്കുകയും ചെയ്യരുത് ഒന്ന് മാശുജ ആരെന്ത് പറഞ്ഞാലും മാശുജ് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം മാശുജന്ന് പറഞ്ഞാൽ കുളിക്കരുതെന്നല്ല മാ ശുജൻ തളരുത് പരാതി അപ്പൊ നിങ്ങളൊരു ഒരു ഉപദ്രവകാരിയാവില്ല നമ്മൾ ഈ ചെറിയ ചെറിയ വിഷമങ്ങൾ പോയി പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ വരുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ മുഴുവൻ വെറുപ്പിക്കുന്നതാക്കുന്നത് പരാതിയും വിഷമങ്ങളും ഒക്കെ പറയുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് സ്വഭാവം മാറ്റാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കും വളരെ വളരെ ശ്രദ്ധിക്കും നമ്മുടെ എങ്ങനെയാ നമ്മുടെ വ്യക്തിത്വം മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളത് നമ്മളെ പോകുന്നതിന് മുമ്പ് ഒരാൾക്കും എന്തുണ്ടാവരുത് ഒരു പരാതിയും വിഷമങ്ങളും ഉണ്ടാവരുത് വളരെ വളരെ ശ്രദ്ധിക്കണേ രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാണി മായ മനസ്സിലാക്കാത്തവരൊക്കെ ഭഗവാന്റെ മായയിൽ എന്ത് ചെയ്യണം കറങ്ങിക്കൊണ്ട് ഈ ശരീരബോധത്തിൽ ഒട്ടി നിൽക്കുന്ന മനസ്സിന് ഈശ്വരബോധത്തിലേക്ക് എത്തുന്നത് വരെ ശരീരങ്ങളെടുത്ത് വീണ്ടും വിട്ട് വീണ്ടും എടുത്ത് പുനരഭിജനനം പുനരഭിമരണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇളക്കൊന്നും അതുകൊണ്ട് ഭാരതൽപ്രസാദൽപ്പം ശാന്തി ശാശ്വതം തമേവരണം ഗെയാണ് ശരണം പ്രാപിക്കേണ്ടത് വളരെ ശ്രദ്ധിക്കണേ ഭഗവാൻ പറയുന്നത് അമ്പലത്തിലിരിക്കുന്ന ഒരു വിഗ്രഹത്തിലല്ല ശരണം പ്രാപിക്കാൻ ഗുരുവായൂരപ്പനെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എടുക്കേണ്ടത് തൃശ്ശൂര് പോയിട്ട് ശരണം പ്രാപിക്കണോ ഈശ്വര സർവഭൂതാനാം അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ശരണം പ്രാപിക്കണം അപ്പം നമ്മള് ശരണം പ്രാപിക്കേണ്ടുന്ന മനസ്സും ആ ശരണം പ്രാപിക്കേണ്ടുന്ന മനസ്സും ശരണം അടയേണ്ടുന്ന ഭഗവാനും രണ്ടും എവിടെയിരിക്കണോ നല്ല പ്രയാസല്ലേത് കുഴപ്പക്കാരനും നമ്മുടെ ഉള്ളിലായിരിക്കണത് നേരെയാക്കാൻ കഴിവുള്ള ഒരാളും നമ്മുടെ ഉള്ളിലാണ് രോഗിയും നമ്മുടെ ഉള്ളിലാണ് ഡോക്ടറും നമ്മുടെ ഉള്ളിലാണ് വൈദ്യോ നാരായണോ ഹരി ശരീരേ ജർജരി ഭൂതേ വ്യാധിഗ്രസ്തേ കളേ ഭരേ ഔഷധം ജാഹനവീതോയം വൈദ്യോ നാരായണോ ഹരി അപ്പൊ രോഗിയും നമ്മുടെ ഉള്ളിലാണ് പക്ഷെ ഇന്ന് മനുഷ്യർക്ക് അതാണോ തോന്നുന്നത് അവര് രോഗിയെ അവരായിട്ട് കണക്കാക്കും ഗുരുവായൂരിലുള്ള ഭഗവാൻ വൈദ്യരായിട്ട് കണക്കാക്കും അവിടെ ചെന്ന് കരഞ്ഞ പിടിച്ച് പറഞ്ഞാലേ അവർക്ക് അവിടെ ചെന്ന് ശരണം പ്രാപിച്ചാലേ അവർക്ക് സമാധാനമാവുള്ളൂ ചിന്തിക്കൂ അപ്പൊ ഈശ്വരൻ നമ്മളിൽ തന്നെ നിറഞ്ഞിരിക്കുന്നു എങ്കിൽ ശരണം പ്രാപിക്കേണ്ടതും ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം നമ്മൾ പിടിച്ചാൽ മതിയോ കാലു പിടിക്കണം പറയാറ് അപ്പൊ ഭർത്താവിലും ഉണ്ട് മക്കളിലും ഉണ്ടെങ്കിൽ ആരുടെ കാലു പിടിക്കാ നല്ലത് മനസ്സിലായില്ല കിട്ടിച്ചെന്നിട്ട് ഭർത്താവിന്റെ കാലുപിടിച്ചുകൊണ്ട് പറയുക ഏതേലും പറഞ്ഞിട്ട് സമേവ ശരണം കച്ചാസർവഭാവേന ഭാരതാണ് കാരണം ഞാൻ നിങ്ങളിലിരിക്കുന്ന ഈശ്വരന്റെ കാലുപിടിച്ചത് കൊണ്ടാവോ ഈശ്വരനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ശ്രദ്ധിക്കണേ ഈ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ തെറ്റായിക്കൂടെ ധരിച്ചു വെച്ചിട്ടുണ്ട് ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നതിനെയാണ് ശരണം എന്ന് പറയാം അല്ലാതെ കാല് പിടിക്കുന്നതിനെയല്ല കാലുകൾ ഒരു പ്രതീകമാണ് സദ്യക്ക് ഈ പറയുന്നത് ഈശ്വരന്റെ ശരണം പ്രാപിക്കൂ സറണ്ടർ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോഡ് പറയാറില്ലേ ദീറ്റ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ആശ്രയം എന്നാണ് ഈ കാലുകൾ ഉണ്ടല്ലോ ശരീരത്തിന്റെ ആശ്രയമാണ് എന്നാൽ ഈ ശരീരത്തിന്റെ തന്നെ ആശ്രയമാണ് ആര് ഭഗവാൻ അപ്പൊ ഭഗവാനാകുന്ന ആശ്രയത്തിന്റെ പ്രതീകം മാത്രമാണ് ഏത് കാലുകള് മനസ്സിലായില്ലേ ഈ മഹാത്മാക്കളൊക്കെ സമാധി കഴിഞ്ഞാൽ അവരുടെ മെതിയടി പൂജിക്കാൻ വെക്കും ഈ മെതിയടികൾ എന്തിന്റെ പ്രതീക വച്ചാൽ അവരേതൊരു അറിവിലാണോ ജീവിച്ചു ആ അറിവിന്റെ പ്രതീകമായിട്ടാണ് ഈ മെതിയെ ഭഗവാന്റെ മെതിരികൾ കൊടുത്തു ഉദ്ധവർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാലിലിട്ട് ചെരുപ്പ് കൊടുത്തു നല്ല അർത്ഥത്തിന് ഞാൻ ഏതൊരു സത്യത്തിലാണോ മനസ്സിനെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ സത്യത്തിൽ തന്നെ നെയ്യും മനസ്സിന് ഉറപ്പിക്കും അതിന്റെ ഒരു പ്രതീകമാണ് ഏത് കരിയാണ് കാരണം നമ്മൾ ഈ ഭജനകളൊക്കെ പാടുമ്പോഴേ ഗുരുവായൂരപ്പന്റെ കാൽക്കൽ വീണാൽ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ ഞാൻ അടിയൻ കാൽക്കൽ വീഴുന്നേൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഗുരുവായൂരിലിരിക്കുന്ന വിഗ്രഹത്തിന്റെ കാൽക്കൽ വീണാലെല്ലാം ശരിയെന്ന് കാലുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭഗവാനാകുന്ന ആശ്രയം അതിലേക്ക് മനസ്സാകുന്ന ആ ശക്തിയെ നമ്മൾ ാണ് സർവഭൂത ഭഗവാൻ പറയുന്നു ഭഗവാന്റെ പ്രസാദം കൊണ്ട് എന്ത് കിട്ടും പരമമായ ശാന്തി കിട്ടാൻ എവിടെയാ പോവേണ്ടത് എവിടെയാ പോവേണ്ടത് എവിടെങ്കിലും പോകേണ്ടതുണ്ടോ എവിടെ തന്നെയുണ്ട് നമ്മള് ശാന്തിക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ചിന്തകളെ ഭഗവാനിലേക്ക് അതാണ് നമ്മള് സാധിക്കാത്തത് അതുകൊണ്ടാണ് നമുക്ക് ശാന്തി കിട്ടാത്തത് മറ്റുള്ള ശാന്തികളൊക്കെ ടെമ്പറിയാണ് അതും അമ്പലത്തിൽ പോയ ശാന്തി കിട്ടുന്ന പലരും പറഞ്ഞാലും ഈ ശാന്തി നിൽക്കുന്നത് നിങ്ങൾക്ക് അവിടെ സുഖമായി തൊഴാൻ പറ്റുമ്പോഴും മാത്രമേ ഉള്ളൂ ആണോ അല്ലേ ഭയങ്കര ഇടിയും തള്ളുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ ഒരു സുഖം ഇല്ലെന്ന് ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചിലപ്പോൾ സുഖമായി തൊഴുതാ നിങ്ങൾ ഭയങ്കരമായിട്ട് സുഖം സുഖം ശാന്തിക്ക് തോത്തണോന്ന് എന്താ നല്ല ഇടിയും നിങ്ങൾ ഒരു തെറി ഇടുക്കി അവിടെ എത്തിച്ചു അടുത്ത ഇടുക്കി ഇവിടെ എത്തിച്ചു പാചിമേ അല്ല എന്താണ് കാവൽക്കാരെ പിടിച്ചൊരു തൂക്കല്ലോ മുന്നോട്ട് മുന്നോട്ട് എല്ലാവരെയും ചീത്തയും പറഞ്ഞ ബഹളവും എങ്ങനെ ഉണ്ടായിരുന്നു ഏയ് ഒരു സുഖായില്ല അപ്പൊ ഗുരുവായൂരപ്പനന്ത ഇല്ലാതിരുന്നോ അന്നെന്താ സുഖം തോന്നാത്തത് ചിലര് രണ്ടാമതൊക്കെയൂരും പോയി നിൽക്കും സുഖം പോരാന്നു പറഞ്ഞിട്ട് അവിടെ വേറെ തള്ളല് വരുന്നത് കാണാതെ പരിഭ്രമങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണത് മനസ്സിന് ഒരു സുഖം തോന്നുമ്പോഴേ ശാന്തി കിട്ടുകയില്ല അപ്പൊ മനസ്സിനാ ലയിക്കാൻ പറ്റണം ലയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശാന്തി തോന്നില്ല അപ്പൊ മനസ്സിനെ ഉള്ളിൽ ലയിപ്പിക്കാൻ പരിശീലിപ്പിച്ചാലോ എപ്പ വേണമെങ്കിലും നമുക്ക് ശാന്തി സമാധാനവും കണ്ടെത്താം അപ്രകാരം സൽപ്രസാദാൽ പരാം ശാന്തി സ്ഥാനം പ്രാപ്തിസി ശാശ്വതം സ്ഥാനം പ്രാപ്തിസി നിനക്ക് സ്ഥാനം ശാശ്വതമായ സ്ഥാനം പ്രാപിക്കാൻ സാധിക്കും ഭഗവാനിലേക്ക് എത്താനുള്ള വഴി എന്താണ് ഈശ്വരൻ കൂടെയാണെന്ന് മനസ്സിലാക്കി ആ ഈശ്വരനിലേക്ക് മനസ്സിനെ സമർപ്പിക്കണം എന്നിട്ട് ഭഗവാൻ പറയുന്നു ഇതിദേ ജ്ഞാനമാഖ്യാതം